ഷിഭ്യോ നമിഭ്യോ യന്തിമധ്യംഹി കരചരണം നമഗോത്രം നൂത്രം നോ ജാതിന് വർണ്ണത്തി പുരുഷോ നസം നീ നൈവാരം ഹിജനിമരണതി പുണ്യം നാപം തോ തഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭ്യമ്യമാസ്മദാര്യപര്യ വന്ദേ ഗുരുപരം പര മൗനവ്യഖ്യകട്രഹ്മത്തും യുവാനർത്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്ര കലകളിതചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീടേ വേദന്ഭാസകാ യന്യ സദിഗേന്ദ്രസംഗവേ യോഗീന്ദ്രവ്യ മോഹധ്വാദിവാകരാഗവത് ബിഭ്രേ തസ്മൈ ഭാഷ്യ നമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ുഹാഹിതം തം രമണ ഗരം ചിന്വിഹീനം ഹൃദയ ചിന്തയാഹമൃമയവ്ജടാത്മകഹം ബുദ്ധിസ്ത്യോ നാഹം തീസമയ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കൂതവരധിയാ ദൃഷ്ടത്മനിഷ്ടാത്മനം സോഹം സ്ഫൂർത്തിയാ അരുണാ ചല ശിവ പൂർണോ വിഭാതി സ്വയം ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹിതി സാക്ഷാദാത്മരുപേണ ഭാതി ഹൃദി വിഷ മനസാ സ്വിൻവതജത പവനചലന റോദാത്മനിഷ്ടോ കരുണപൂർണുധേ കബളിഘനവിശ്വരണവലിയ അരുണാചല പരമാരുണോ ചിത്തകുംസുവിസാ രുചലസർവൂസ്തി പ്രലീനം എത്തിത്രം ഹൃദ്യഹമത്മതയാ ഭോസ്തത്തെ വദി ഹൃദയം നമ അഹമിതി കീഷ്യന്ത പ്രവിഷ്ടയാമലധിയ അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലത്ിവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം ധ്യയൻ പശ്യതി യോഗീദീധിതിരുണാചലവ മഹീയം തേ ്യർതമനസം പശ്യൻസം തവാത്തിതയാ സതം ഭജത്തെ അനന്യീ സജയത്യുണാചല ുഖേ മഗ്ന യതം ജഗത്സവം യന്നേവ പ്രലീയതേദം ധാരയത്തെ ചൈവ തസ്മൈ ജാത്മനേന ഭഗവത്ഗീതയിലെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം എന്ന് പറഞ്ഞു ആ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുള്ള ജീവിതത്തിന് അതായത് ഒരു ഉദ്ദേശത്തോടുകൂടെ ുള്ള ജീവിതത്തിന് വ്യവസായാത്മിക ബുദ്ധി അത്തരത്തിലുള്ള ബുദ്ധിയെ വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ വിശേഷിപ്പിച്ചു അതിപ്പോഴും ഈ കപ്പൽ പഴയ കപ്പ കാലത്തെ കപ്പലുകൾ അതിലൊക്കെ ഈ വടക്ക് നോക്കിയ യന്ത്രം എങ്ങോട്ട് തിരിഞ്ഞാലും ആ കാന്തം ഒരേ വശത്തിലേക്ക് തിരിഞ്ഞു നിൽക്കണ പോലെ ഇവിടെ ജീവിതം എങ്ങോട്ട് തിരിഞ്ഞാലും ഈ സത്യം നിശ്ചയിച്ച വ്യക്തിയുടെ ബുദ്ധി എപ്പോഴും ഈശ്വരാഭിമുഖമായിട്ടിരിക്കും എന്തൊക്കെ തന്നെ ചെയ്യേണ്ടി വന്നാലും അതിനാണ് ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞത് ജീവിതത്തിന്റെ പരമ ലക്ഷ്യം ഈശ്വരനാണ് എന്നറിഞ്ഞാൽ നമ്മള് ഒരിടത്ത് പിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ പ്രാരബത്തിനനുസരിച്ച് ചുറ്റം ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞു ആ ലക്ഷ്യം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ബഹുശാഖാഹി അനന്താശുദ്ധയോ അവ്യവസായിനം അനേക വിചാരങ്ങളായി മനസ്സ് പിരിഞ്ഞുകൊണ്ടിരിക്കും മനസ്സിനെ തന്നെ അറിയില്ല എങ്ങോട്ടാ പോണ്ടത് എന്നറിയില്ല എന്തിനാണ് ജീവിതം എന്നറിയില്ല അനേക ലക്ഷ്യങ്ങൾ അനേക മാർഗങ്ങൾ അനേക ആഗ്രഹങ്ങൾ നടക്കുമ്പോ ഒരാളോട് ചോദിച്ചു എങ്ങോട്ടാ പോണ്ടത് തെക്കോട്ടാണ് വാസ്തവത്തിൽ അയാൾക്ക് പോണ്ടത് വടക്കോട്ടാണ് പക്ഷെ നടക്കുന്നത് കിഴക്കോട്ടാണ് ലക്ഷ്യം നിശ്ചയിക്കാത്ത ബുദ്ധിയുടെ ലക്ഷണമാണ് ലക്ഷ്യം നിശ്ചയിച്ചാൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിശ്ചയിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ നിശ്ചയിക്കാന്നൊക്കെ പറയണു അതൊക്കെ നമ്മൾ വെറുതെ ബുദ്ധി കൊണ്ട് നിശ്ചയിക്കലല്ല എത്രയോ പക്വത കൊണ്ട് അനേക യുഗങ്ങളുടെ പക്വത കൊണ്ട് ഈ ബുദ്ധിയിൽ ലക്ഷ്യനിശ്ചയം ഉദിക്കണു ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയണു മനുഷ്യാണാം സഹസ്രേഷു ആയിരക്കണക്കിന് ആളുകളിൽ കുറച്ചു പേര് അല്ലെ ഈ ചലടയിട്ട അരിച്ചരിച്ചരിച്ചെടുക്കുമ്പോ പലേ തരം ചലടകൾ ഉണ്ടാവും ആദ്യം കുറച്ച് വലിയ വലിയ ദ്വാരമുള്ള ചലടും അതിൽ കുറെ വലുതൊക്കെ പോകും പിന്നെ കുറച്ചുകൂടെ ചെറിയ ചലട അതിൽ കുറച്ചുകൂടെ ചെറുതു പോകും അവസാനം അരിച്ചെടുക്കുമ്പോ കുറച്ചേ ബാക്കി ഉണ്ടാവുള്ളൂ ഏറ്റവും റീഫൈൻഡ് ആയിട്ടുള്ളത് അതേപോലെ ഏറ്റവും ഉയർന്ന വിദ്യയിലേക്ക് വരുമ്പോ വളരെ കുറച്ചുപേരെ ഉണ്ടാവുള്ളു വ്യാസരോട് നാരദ മഹർഷി പറയണതും അതാണ് വ്യാസർ പറഞ്ഞു ഉയർന്ന വിദ്യ തന്നെ പറഞ്ഞാൽ ആളുകൾ വരില്ലല്ലോ കേൾക്കാൻ ആളുകൾ ഉണ്ടാവില്ലല്ലോ ചുവട്ടിലേക്ക് ഇറങ്ങി വന്നാലല്ലേ ആളുകൾ ഉണ്ടാവുള്ളൂ കേൾക്കാൻ നാരദർ പറഞ്ഞു മാനസ സരസില് നാലു പക്ഷികളെ ഉണ്ടാവുള്ളൂ പക്ഷെ ഉള്ളത് ഹംസമായിരിക്കും പൊട്ടക്കളത്ത് കുളത്തില് നൂറ്റിക്കണക്കിന് പക്ഷികളുണ്ടാവും ഒക്കെ കാക്കകളായിരിക്കും ഏതാ വേണ്ടതെന്ന് നിശ്ചയിക്കാറുണ്ട് പൊട്ടക്കുളവാകണോ മാനസ സരസാവണോ ഉയർന്ന വിദ്യ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ചുപേരേ ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും അവർക്ക് കിട്ടും നേരെ മറിച്ച് എല്ലാവർക്കും കൂടെ ആയിട്ട് അത് വെള്ളം ചേർത്തി വെള്ളം ചേർത്തി ചുവട്ടിൽ വന്നാൽ ആർക്കും കിട്ടില്ല ആർക്കും പ്രയോജനപ്പെടില്ല അപ്പോ ലക്ഷ്യം നിശ്ചയിച്ചവരും എന്നുവെച്ചാൽ മുമുക്ഷുക്കൾ ജീവിതത്തിന് പരമമായൊരു ഉദ്ദേശം ഉണ്ടെന്നും അത് ആത്മസാക്ഷാത്കാരമാണെന്നും തന്നെ അറിയലാണെന്നും തന്നെ അറിയണമെന്നും നിശ്ചയിച്ചു അതിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ അവരെന്താ ചെയ്യേണ്ടത് അരേ അയം ആത്മാ ദ്രഷ്ടവ്യഹ ബൃഹദാരണ്യൊക്കെ ഉപനിഷത്തിൽ യാജ്ഞവൽക്കൻ പറയുന്നു മൈത്രയിയോട് തന്റെ ഭാര്യയോട് പറഞ്ഞു ഹേ മൈത്രയി ആത്മാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്ങനെ കണ്ടെത്തും ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ ആദ്യം ഈ ആത്മാവിനെ കേൾക്കണം കേൾക്കണം ശ്രവണം ഇന്ദ്രിയ പ്രവൃത്തിയിൽ ഏറ്റവും സൂക്ഷ്മമായ പ്രവൃത്തിയാണ് ശ്രവണം കാണുക മണക്കുക സ്പർശിക്കുക രുചിക്ക ഇത് നാലിനെയും ഏറ്റവും സൂക്ഷ്മമാണ് ശ്രവണം ഏറ്റവും സട്ടിലാണ് മണക്കുക ഏറ്റവും സ്ഥൂലം അതുകൊണ്ട് ചില മൃഗങ്ങളൊക്കെ നോക്കിക്കൊള്ളുക ആദ്യം അത് മണക്കുകയാണ് ചെയ്യുക അവർക്ക് മണം വളരെ ബലമാണ് എന്തു കൊടുത്താലും മണക്കും ആദ്യം ചില മനുഷ്യരും അങ്ങനെ ഉണ്ട് ആദ്യം മണത്തു നോക്കും മണം സ്ഥൂലമായ ഇന്ദ്രിയം ആണ് അതിനേക്കാൾ അല്പം കൂടെ സൂക്ഷ്മമാണ് രുചി നാവ് കുറച്ചുകൂടെ സൂക്ഷ്മമാണ് ശബ്ദ ആദ്യം മണം പിന്നെ രുചി പിന്നെ ദർശനം കാണുക അതിനേക്കാളും സൂക്ഷ്മമാണ് സ്പർശനം ഏറ്റവും സൂക്ഷ്മമാണ് ശ്രവണമെന്ന് പറയുന്നത് ആകാശത്തിന്റെ ഗുണമാണ് ശ്രവണം ശബ്ദഗുണകമാണ് ആകാശം അപ്പൊ ശ്രവണം നമ്മളുടെ ഏറ്റവും സൂക്ഷ്മമായ മണ്ഡലമാണ് ആദ്യം പുറമേക്കുള്ള ശബ്ദം കേൾക്കും പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള ചിത്തവൃത്തികൾ ചിത്തവൃത്തികളുടെ ശബ്ദം പോലും നമ്മൾ കേട്ടു തുടങ്ങും ശ്രവിച്ചു പഠിച്ചാൽ യു ക്യാൻ ഈവൻ ലിസൺ ടു സൈലൻസ് നിശ്ചലതയെപ്പോലും കേൾക്കാം ശ്രവിച്ചു പഠിക്കുകയാണെങ്കിൽ അപ്പോ ഈ ശ്രവണം ശ്രോതവ്യ ആത്മാവിനെ കേൾക്കണം കേൾക്കണം എന്ന് വച്ചാൽ അത് അനുഭവിച്ച് അറിഞ്ഞ ആൾ പറയുന്നത് കേൾക്കുക അത് അതിന് വളരെയധികം ബലമുണ്ട് ശക്തി ഉണ്ട് അത് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയല്ല കേൾക്കണത് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ നമ്മളും അനുഭവിക്കും അല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് വേദാന്ത പ്രഭാഷണം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയരുത് മനസ്സിലാവാനുള്ളതല്ല ആ ശ്രവണം തന്നെയാണോ പ്രയോജനം കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ നമ്മളറിയാതെ നമ്മളുടെ ഉള്ളില് അജ്ഞാനം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചെത്തി ചെത്തി ചെത്തി പോവും ഉൾക്കാഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കും പതുക്കെ അപ്പോ ശ്രവണം ആദ്യം ആത്മശ്രവണം ആത്മതത്വ ശ്രവണം ശ്രോതവ്യഹ കേട്ടുകഴിഞ്ഞ് തനിച്ചിരുന്ന് മനനം നിധി ശ്രോതവ്യോ മന്തവ്യ മനനം മനനം എന്ന് വെച്ചാൽ ഈ കേട്ടതിനെ അനുസന്ധാനം ചെയ്യുന്നു ക്രമേണ ധ്യാനം നിധിധ്യാസിതവ്യ അത് തന്നെ ധ്യാനത്തിലേക്ക് കൊണ്ടുചെന്നാക്കും ധ്യാനം എന്താണെന്ന് ഇപ്പൊ ചോദിക്കേ അരുത് ധ്യാനം തനിയുണ്ടാവും ധ്യാനം എന്ന് വെച്ചാൽ എന്തിനെങ്കിലും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തലല്ല ഭാവനയിൽ എന്തിനെങ്കിലും ഒക്കെ വെച്ചുകൊണ്ട് അതിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തലല്ല ഇതൊക്കെ ധ്യാനമാണ് സാധാരണ അർത്ഥത്തിൽ പക്ഷെ അതൊന്നും നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന് പ്രയോജനപ്പെടില്ല യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത് സ്വരൂപ ദർശനമാണ് അത് പതുക്കെ നമ്മൾ ശ്രവണം ചെയ്ത് മനസ്സിലെ ചിത്തവൃത്തികൾ കുറച്ച് കുറച്ചായി അടങ്ങി അടങ്ങി അടങ്ങി വരുമ്പോ ധ്യാനം തെളിഞ്ഞു തെളിഞ്ഞു വരും ധ്യാനം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഉള്ളിലുള്ള ധ്യാനം പ്രകാശിച്ചു വരും ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യപ്പോ ആചാര്യന്മാര് ഈ സത്യം കണ്ടെത്തിയ ആൾക്ക് ആളുകൾ ജീവൻമുക്തന്മാർ ജ്ഞാനികൾ അവരുടെ ശരീരം തന്നെ നിൽക്കുന്നത് നമ്മളെ ഈ സത്യം ശ്രവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രവണ സ്മരണാർഹാണിക ഭാഗവതത്തില് ഭഗവാന്റെ അവതാരത്തിന് മുഖ്യമായൊരു ഉദ്ദേശം പറയണത് ശ്രവിക്കാനായിട്ടും സ്മരിക്കാനായിട്ടും ഉള്ള കഥകൾ ഉണ്ടാക്കാനായിട്ട് എന്നാണ് ശ്രവിക്കാൻ കൃഷ്ണൻ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ തന്നു സ്മരിക്കാൻ കഥകളും തന്നു അപ്പൊ ശ്രവണ സ്മരണാർഹാണി കരിഷ്യൻ ശ്രവിക്കാനായിട്ട് അലൗകികമായ വിദ്യ നമുക്ക് ശ്രവിക്കാൻ കിട്ടണമെങ്കിൽ അലൗകികമായ വിദ്യയെ കണ്ടിട്ടുള്ളവര് വേണം അങ്ങനെയുള്ളവര് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ചുവട്ടിലിറങ്ങി വന്ന് ചുവട്ടിൽ ഇറങ്ങി വരിക എന്ന് വെച്ചാൽ അനുഭൂതിയെ വാക്കുകളിലൂടെ പറയുക രണ്ടുവിധത്തിൽ കാണും അനുഭൂതിമാന്മാർ ചിലരെ അനുഭവിക്കും പക്ഷെ അവർ പറയില്ല അവർക്ക് അതിനുള്ള ചുമതലയില്ല വേണ്ടാന്ന് വെക്കുകയല്ല അവർക്ക് അതിനുള്ള ചുമതലയില്ല അവരത് പറയില്ല തിരുവണ്ണാമലയിലെ രമണ മഹർഷിയും ഉണ്ടായിരുന്നു ശേഷാദ്രി സ്വാമികളും ഉണ്ടായിരുന്നു ശേഷാദ്രി സ്വാമികൾക്ക് ഇത് പറയാനുള്ള ചുമതല ഉണ്ടായിരുന്നില്ല സ്വാമികളുടെ ആരാത് പോയി ഒരുക്കൗരുത്തർ പോയി മോക്ഷം വേണമേ സ്വാമി എനിക്ക് ഉപദേശം പെണ്ണുങ്കോ അപ്പൊ ചുണ്ടക്കാ തിന്ന് മോക്ഷം വേണമെന്ന് ചോദിച്ചപ്പോ ചുണ്ടക്കായ തിന്നാൻ പറഞ്ഞു അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അത് ആലോചിച്ച് നോക്കിയാൽ അതൊരു ഒരു എന്താണ് കൊളോക്കിയൽ സെയിങ് ആണ് ഒരാളുടെ മനസ്സുദ്ധമാണെങ്കിൽ അവൻ ചുണ്ടക്കായാണോന്ന് പറയണത്രയും അങ്ങനെ ഒരു സമ്പ്രദായമാണ് അപ്പൊ അശുദ്ധമായ ചിത്തം അതിനെ സൂചിപ്പിച്ചു അദ്ദേഹം ക്ലിയറായിട്ടൊന്നും പറയില്ല സിദ്ധന്മാരുടെ ചിലരുടെയൊക്കെ വഴി അങ്ങനെയാ അവര് ക്ലിയറായിട്ട് ഉപദേശം ഒന്നും ഉണ്ടാവില്ല ടീച്ചിങ് ഒന്നും ഉണ്ടാവില്ല അതേസമയം രമണ മഹർഷി ഉണ്ടായിരുന്നു എല്ലാം ക്ലിയറായിട്ടുള്ള ഉപദേശങ്ങൾ അപ്പോ ഒരു അവർക്ക് മുക്തന്മാരാണെങ്കിൽ പോലും അവർക്ക് പറയാനുള്ള നിയത്തിയില്ല അപ്പോ ജ്ഞാനികൾ ജീവൻ മുക്തന്മാർ ഈ സത്യ സത്യത്തിനെ പറയാനായിട്ട് തന്നെ അവതരിക്കുന്നു അനുഭൂ അനുഭവിച്ച് ആ സത്യത്തിനെ പറയുന്നു ഭാഗവതത്തില് പൃഥു മഹാരാജാവ് ഒരു വരം ചോദിച്ചു പൃഥുവിനോട് ഭഗവാൻ ചോദിച്ചു എന്ത് വരമാ വേണ്ടതെന്ന് ചോദിച്ചു പൃഥ്ധു പറഞ്ഞു എനിക്ക് വേറെ ഒരു വരവും വേണ്ട ്രഹ്മാനുഭവം നേടിയ ജ്ഞാനികൾ ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾ അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആ സത്യത്തിന് ബാക്കി ഒരു സഹ എന്താണ് ഒരു ഇന്റർമീഡിയറി ഒന്നുമില്ലാതെ ആ അനുഭൂതി പുറമേക്ക് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു പതിനായിരം ചെവിതരൂ എന്നാണ് മഹത്തമാന്തര ഹൃദയാത് മുഖച്യുത്വവും വി കർണായുധമേഷമേ വരഹ എന്താ വരം വേണ്ടത് എന്ന് വച്ചാൽ മഹത്തമ അന്തർഹൃദയാത് മുഖച് വിധത്സ്വ കർണായുധം ഏഷമേ വരഹ ഒരു പതിനായിരം ചെവി തരൂന്ന് പതിനായിരം കാത് തരൂന്ന് എന്തിനാ മഹത്തമ അന്തർഹൃദയാത് അന്തർഹൃദയത്തുനിന്ന് വരണം ബ്രെയിൻ തലയിൽ നിന്ന് വന്നാൽ പോരാ മനസ്സിൽ വന്നാ പോരാ ഹൃദയത്ത് നിന്ന് വരണം മുഖച്ുതു അവരുടെ മുഖത്ത് നിന്ന് ശ്രവിക്കുന്നത് കേൾക്കാനായിട്ട് വിധത് സ്വ കർണായുതമേഷമേ വരാ പതിനായിരം ചെവി തരൂന്ന് വെച്ചാലോ ഐ ഹാവ് ടു ലിസൺ ത്ര മൈ ഹോൾ ബീങ് ശരീരം മുഴുവൻ ചെവിയായിട്ട് കേൾക്കണം എന്നാണ് തലനാഴ അറ്റം മുതൽ കാൽ നഖം വരെ ചെവി ആയിട്ട് ഒരു പതിനായിരം ചെവി തരൂ മാണിക്യവാചകർ തിരുവാചകത്തിൽ ഒരിടത്തരരാ ഉടമ്പുപൂരാ കണ്ണാ അഴണം അപ ഭക്തി ശരീരം മുഴുവൻ കണ്ണായിട്ട് കരയണം എന്നാണ് കണ്ണീരി വിടണം ഭക്തി അങ്ങനെ ഭക്തൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ ഇവിടെ പൃഥ്വ പ്രാർത്ഥിക്കുന്നു ശരീരം മുഴുവൻ ചെവി ആയിട്ട് കേൾക്കണം എന്നാണ് ശരീരം മുഴുവൻ ചെവി എന്നുവെച്ചാലോ യു ഹാവ് ടു ലിസൺ ത്രൂ ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് യുവർ ബോഡി അനുഭൂതി അപ്പോ ആ ശ്രവണം അതാണ് ശ്രുതി ശ്രവണയോഗ്യമാണ് ശ്രുതി ശ്രുതി എന്നുവച്ചാൽ ശ്രവിക്കുമ്പോ ചെവിയാകുന്ന രണ്ട് സ്വർണപാത്രത്തിൽ അമൃതമെടുത്തു കുടിക്കാം എന്ന് ഭാഗവതത്തിലൊരു സ്തുതിയുണ്ട് ഈ ഭഗവത് വിഷയമാവുന്ന അമൃതം ചെവിയാകുന്ന രണ്ട് സ്വർണക്കിണ്ണും ആ സ്വർണപാത്രത്തില് ഭഗവത് തത്വം ആത്മതത്വമാകുന്ന അമൃതം എടുത്ത് കുടിക്കാം സാധാരണ അമൃതം വായിലൂടെ കുടിക്കും പക്ഷെ വേദാന്തമാവുന്ന അമൃതം ചെവിയിലൂടെ കുടിക്കാം വായിലൂടെ കുടിക്കുന്ന രസായനം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുമ്പോ ചെവിയിലൂടെ കുടിക്കുന്ന അമൃതം ജീവനെ ശുദ്ധം ചെയ്ത് പുഷ്ടിപ്പെടുത്തും കർണനാടീം പുരുഷസ്യാത ഭവപ്രദാം ഗേഹരത്തിനത്തി യോഗികൾ ഇതിന്റെ രഹസ്യം പറയണത് ശരീരം മുഴുവൻ നാടികളാണ് ഞരമ്പാണ് പലർക്കും സംശയം ഉണ്ടാവും എങ്ങനെയാ ശ്രവണം കൊണ്ട് ഞാനോണ്ടാവുക വേറെ എന്തെങ്കിലുമൊക്കെ സാധനം വേണ്ടേന്ന് തോന്നും അതിന് ആ സംശയം നീക്കാനാണോ പറയണത് യോഗികൾ പറയണു ശരീരം മുഴുവൻ നാടികളുണ്ട് ഞരമ്പുകളുണ്ട് അനോട്ടോമി പഠിച്ച് അനലൈസ് ചെയ്താൽ കിട്ടുന്ന ഞരമ്പുകൾ മാത്രമല്ല അല്ലാതെ യോഗ നാടികൾ അതായത് മനസ്സ് എന്ന് നമ്മൾ പറയണമല്ലോ മനസ്സിനെ പിടിച്ച് ഒരു വസ്തുവായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ ആ മനസ്സ് തന്നെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കണം വളരെ സൂക്ഷ്മമായ വയറു പോലെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു നാടികൾ അതിനാണ് അവർ എഴുപത്തി ഇരവായിരം എന്ന് പറയുന്നത് അതില് ചെവിയില് ചെവിയില് തന്നെ അനേകം നാടികളുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഓരോ ശബ്ദം ഓരോ വിധത്തിലുള്ള വികാരത്തിനെ ഉണ്ടാക്കും ഈ പല വികാരങ്ങളും നമ്മളിൽ വരണ്ടല്ലോ ഈ വികാരത്തിനൊക്കെ ഓരോ സെന്റർ ഓരോ കേന്ദ്രം നമ്മളുടെ ഉള്ളിലുണ്ട് ആ ഓരോ സെന്ററിലേക്കും അതാത് ശബ്ദങ്ങളെ കൊണ്ട് എത്തിക്കുന്ന നാടികൾ ഞാനിപ്പോ തന്നെ പായസം എന്ന് പറഞ്ഞാൽ അതിനൊരു വികാരം രാഷ്ട്രീയം പറഞ്ഞാൽ അതിനൊരു വികാരം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വികാരം കള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു വികാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരുടെങ്കിലൊക്കെ പേര് പറഞ്ഞാൽ ഒരു വികാരം ഇഷ്ടപ്പെടാത്തവരുടെ പേര് പറഞ്ഞാൽ ഇതൊക്കെ ഈ നാടികൾ എവിടെയോ കൊണ്ടുചെന്ന് എത്തിക്കണം അതേസമയം ആത്മാ ബ്രഹ്മം നമ്മളുടെ സ്വരൂപജ്ഞാനം ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവണില്ല മനസ്സിലാവണില്ലെന്ന് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ നാടികൾ അധികം പേരിലും അടഞ്ഞുകിടക്കണമെന്നാണ് ഈ അലൗകികവിദ്യയെ എത്തിക്കാനുള്ള നാടികൾ അധികം പേരിലും അടഞ്ഞുകിടക്ക അപ്പൊ കർണനാടിയും പുരുഷസ്യാഥ ഭാഗവതം പറഞ്ഞു ഈ കർണനാഡി ഹൃദയത്തിലേക്ക് ചെല്ലുന്ന നാടി ബാക്കിയൊക്കെ വികാരമണ്ഡലങ്ങളിലേക്ക് ചെല്ലുന്ന നാടികളാണ് എല്ലാ വികാരങ്ങളിലേക്കും ഈ നാഡി അമൃത നാഡി ഹൃദയത്തിലേക്ക് ചെല്ലുന്ന നാടിയാണ് ഹൃദയത്തിലെ അനുഭൂതിയെ ഉണർത്തുന്ന നാടിയാണ് പക്ഷെ ആ നാഡി ഈ അലൌകിക ശബ്ദം കേൾക്കാൻ കഴിയാതെ അടഞ്ഞുകിടക്കുക നിഷ്കാമ്യ കർമ്മം കൊണ്ടും മറ്റു പല ജപം ധ്യാനം നാമസങ്കീർത്തനം ഇതൊക്കെ കൊണ്ടും കുറച്ച് കുറച്ച് കുറച്ച് ശുദ്ധമാവും പിന്നെ കേൾക്കുമ്പോൾ എന്തോ അല്പം മനസ്സിലാവണ മാതിരി തോന്നും അല്ലേ ചില ചാലൊക്കെ മണ്ണ് നല്ല മണ്ണ് അടിഞ്ഞു കിടക്കുമ്പോൾ ആദ്യം കടപ്പാറ് കൊണ്ട് കുത്തണം കുത്തി കഴിഞ്ഞ് ബാക്കി അല്പം സ്വല്പം മണ്ണ് ഉണ്ടെങ്കിൽ വെള്ളമൊഴിക്കുമ്പോ തന്നെ പോയിക്കൊള്ളും അല്ലേ അതുപോലെ ഈ കടപ്പാറ് കൊണ്ട് കുത്തണ പോലെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ബാക്കി കുറച്ച് മണ്ണുള്ളത് നമ്മളിപ്പോൾ ശ്രവണം ചെയ്യാൻ രുചി വന്നു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പൊ കുറച്ചേ അടച്ച് അടഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പോയിക്കൊള്ളും വെള്ളം ഒഴിക്കുമ്പോ പോണ പോലെ ഈ ശ്രവണം ചെയ്യുമ്പോ തന്നെ ഈ നാടി പതുക്കെ ഇറ്റ് ഓപ്പൺ തുറന്നുകിട്ടും ഹൃദയ നാടി അമൃത നാടി തുറന്നുകിട്ടും അതാണ് ശ്രവണം ചെയ്യും തോറും ചെവി മടുക്ക തമിഴ്വാ മടുക്കുന്ന മലയാളത്തിൽ നമ്മ മടുപ്പ് അത് മാരില്ലെവിളി കുളിര കേക്കാം കേക്ക് കേക്ക് ചെവി കുളിരട്ത് ഹൃദയം കുളിരടുത്ത് ഹൃത് കർണ കർണരസായനാ കഥാ ഭക്തി ഭാഗവതം മുഴുവൻ ഈ വേദാന്തമാണ് ഈ വേദാന്തത്തിന് ഭക്തിയുടെ ഭാഷയിൽ പറയണു അത്രേയുള്ളൂ ഹൃത് കർണരസായസായനം എന്ന് വെച്ചാൽ ടോണിക് ഔഷധം അമൃതം ഈ ആത്മതത്വം ഹൃദയത്തിനും കർണത്തിനും ഹൃദയത്തിനും കർണത്തിനും രസായനം ചെവിക്കും ഹൃദയത്തിനും രസായനമാണ് അപ്പൊ അത് കേൾക്കാൻ ഉള്ള ഒരു സന്ദർഭം ഉണ്ടാവുക എന്നുവെച്ചാൽ അനുഭവിച്ചവരിൽ നിന്നും ഈ സത്യം കേൾക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുക അത് ഭഗവാന്റെ ഏറ്റവും വലിയ കൃപ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ മനുഷ്യനായിട്ട് ജനിക്ക അതൊരു ദുർലഭം പക്ഷെ ദുർലഭാണെങ്കിലും ഇപ്പൊ പോപ്പുലേഷൻ കൂടിക്കൂടി വരുമ്പോ ഈ പത്താം ക്ലാസ് വരെ നമ്മളുടെ ഗവൺമെന്റ് സ്കൂളിൽ ഒരു സമ്പ്രദായമുണ്ട് ഉള്ളതിൽ വലിയ പൂജ്യമുള്ള ആളെ നോക്കി കയറ്റിവിടാം അത് പത്ത് പേരെങ്ങനെ പോകും അതുപോലെ മനുഷ്യജന്മം വരണവരെ എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രമോഷനും ഉണ്ടോ തോന്നും ഇവിടെ ധാരാളം ഉണ്ടോ മനുഷ്യനുണ്ട് പക്ഷെ മനുഷ്യനായി ജനിച്ചിട്ട് മനുഷ്യത്വം ഈ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാലും മറ്റ് യോനികളുടെ എല്ലാ അംശങ്ങളും നമ്മളിലും ഉണ്ടാവും അതാണ് നമ്മളിൽ കാമമായിട്ടും ക്രോധമായിട്ടും ദ്വേഷമായിട്ടും അല്ലെ ചിലര് നായെ പോലെ കുറയ്ക്കും ചിലര് പന്നിയെ പോലെ തിന്നും എല്ലാ മൃഗങ്ങളുടെ അംശവും നമ്മളിലും ഉണ്ട് ഇത് പതുക്കെ കുറയുമ്പോഴാണ് മനുഷ്യത്വം മനുഷ്യ ശരീരം കിട്ടിയാലും മൃഗങ്ങളുടെ എല്ലാ അംശങ്ങളും ഇത്രയും കടന്നു വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഉണ്ട് അത് ഓരോന്നായി പോയി കഴിഞ്ഞു മനുഷ്യത്വം മനുഷ്യത്വത്തിന്റെ ലക്ഷണം എന്താ മുമുക്ഷത്വം എന്നാണ് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും ഉള്ളിൽ എന്തിനു വേണ്ടിയിട്ടാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എനിക്ക് സ്വതന്ത്രനാവണം ഈ ശരീരം ഇതിനകത്ത് പിടിപ്പെട്ട് കിടക്കണു അനേകവിധമായ വൈകല്യങ്ങളുള്ളതായിട്ട് തോന്നുന്നു പെർഫെക്ഷന് വേണ്ടിയിട്ട് പൂർണ്ണത്വത്തിന് വേണ്ടിയുള്ള പെടച്ചിലുള്ളിൽ തോന്നിത്തുടങ്ങണു മനുഷ്യന്റെ ലക്ഷണം അതാണ് പൂർണ്ണത്വത്തിന് വേണ്ടിയുള്ള പരിശ്രമം ചെയ്തു തുടങ്ങണം ശരീരം ഉള്ളപ്പോൾ തന്നെ മുക്തി എങ്ങനെ സാധ്യമാവും സ്വാതന്ത്ര്യം എങ്ങനെ സാധ്യമാവും എങ്ങനെ സ്വതന്ത്രനാവാം അറിവിന്റെ ലക്ഷണം അതാണ് വിദ്യയുടെ ലക്ഷണം അതാണ് അല്ലാതെ എങ്ങനെ പണം സമ്പാദിക്കാം എന്നല്ല അതൊക്കെ തന്നെ ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ കൊള്ളാം പക്ഷെ എനിക്ക് ഇവിടെ തന്നെ പൂർണത്വം നേടാമല്ലോ വഴിയുണ്ടോ മാർഗമുണ്ടോ എന്ന് ചോദ്യം ഉള്ളിൽ ഉദിച്ചു തുടങ്ങും ഇത് മുമുക്ഷുത്വം അടുത്ത സ്റ്റെപ്പ് എന്താ ഇത് തന്നെ ഉള്ളിൽ ഇങ്ങനെ പെടഞ്ഞ് പെടഞ്ഞ് പെടഞ്ഞ് പെടഞ്ഞ് പെടഞ്ഞ് സത്യത്തിനെ കണ്ടെത്താനായിട്ട് പെടയുമ്പോൾ അന്തരാത്മാ തന്നെ യോഗികൾ അങ്ങനെയാണോ പറയണം ഗുരു എന്നുള്ളത് പുറത്തു വരുന്ന ഒരാളല്ല നമ്മളുടെ അന്തരാത്മാ തന്നെ അതിനു പറ്റിയ ഒരു ഗുരുവിനെ പുറമേക്ക് അങ്ങനെ വിജൃംഭണം ചെയ്യിപ്പിക്കും ചിതഗ്നികുണ്ട സംഭൂതമാണ് സദ്ഗുരുന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ തന്നെയാണോ ഗുരു നമ്മളുടെ തന്നെ ലക്ഷ്യമാണോ ഗുരുവിന്റെ രൂപത്തിൽ മുമ്പിൽ വരുന്നത് അതുകൊണ്ടാണ് ഇൻസ്റ്റന്റേനിയസ്ലി യു റെക്കഗ്നൈസ് അഗസ്ത്യർക്ക് കല്യാണം കഴിക്കണം അഗസ്ത്യരോട് പറഞ്ഞു പിതൃക്കൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അഗസ്ത്യർ ആലോചിച്ചു വിവാഹം കഴിക്കാൻ എനിക്കിനിപ്പോ എനിക്ക് പറ്റിയ ഒരു പത്നിയില്ല അപ്പൊ അഗസ്ത്യര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മണ്ണെടുത്ത് ലോപാ ഉണ്ടാക്കി എന്നിട്ട് മനസ്സ് സങ്കല്പിച്ച് ഒരു രാജാവിന്റെ പുത്രിയാക്കി മാറ്റി അതായത് അദ്ദേഹത്തിനെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയായി ഒരിടത്ത് ആവിർഭവിപ്പിച്ചു എന്നാണ് കഥ ഇതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഗുരുവിനെ സൃഷ്ടിക്കാണ് അതിനർത്ഥം ഗുരു ഇങ്ങനെ മാജിക് പോലെ മുമ്പിൽ വരുന്നല്ല പക്ഷെ പുറമേക്ക് ഇതൊക്കെ മായയുടെ ഇന്ദ്രജാലത്തിൽ പെട്ടതാണ് പുറമേക്ക് അദ്ദേഹം എവിടെയെങ്കിലും ഒക്കെ ജനിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ഒക്കെ നമ്മളുടെ മുമ്പിൽ ആവിർഭവിക്കും എല്ലാം ഇതൊക്കെ പുറമേക്കുള്ള ഇന്ദ്രജാലമാണ് പക്ഷെ ഗുരു എന്ന് പറയുന്നത് ആത്മാ തന്നെയാണ് ആത്മാ തന്നെയാണ് പുറമേക്ക് ഗുരുവായ ആവിർഭവിച്ച് നമ്മളെ അകത്തേക്ക് വലിക്കണം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ ഈശ്വരൻ ഗുരു ആത്മാ എന്നുള്ളത് മൂന്ന് ബാഹ്യഭേദം മാത്രം ുള്ളിലുള്ളത് വസ്തു ഒന്നത് തന്നെ ഒരേ സത്യം തന്നെ അപ്പോ സദ്ഗുരുവായിട്ട് മഹാപുരുഷ സംശ്രയഹ ആ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ജ്ഞാനിയായ ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി എന്നുള്ളതിന്റെ ലക്ഷണം എന്താ നമ്മളുടെ ഉള്ളിൽ തെളിവ് ഏർപ്പെടുന്നു നമ്മളുടെ ഉള്ളിൽ ഒരു തെളിച്ചമേർപ്പെടുന്നു ഒരു ആനന്ദം ഏർപ്പെടുന്നു ട്രെയിനിൽ കയറാൻ കിടന്നു പെടയും റെയിൽവേ സ്റ്റേഷനിൽ ബാഗും ഒക്കെ പൊക്കി കൊണ്ടുപോയി എവിടെ വരും സംശയമാണ് ഈ എന്താണ് പ്ലാറ്റ്ഫോമിൽ വരുവോ ഒന്നില് വരുവോ രണ്ടില് വരുവോ മൂന്നില് വരുവോ നോർത്തിലൊക്കെ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അനൗൺസ്മെന്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമായിരിക്കും അവസാന സമയമാകുമ്പോ പറയും പന്ത്രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വരണോന്ന് പറയും ഒക്കെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും കയറണവരെ ടെൻഷനാണ് പക്ഷെ കയറി ബാഗൊക്കെ വെച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാശ്വാസം എത്തിയ പോലെ ഒരാശ്വാസം നമ്മൾ ഇനിയിപ്പോൾ എത്തിയോ ഇറങ്ങിയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി കയറി ഇരുന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസം വണ്ടിയിൽ കയറി കഴിഞ്ഞു ടിക്കറ്റും വെച്ചോ അതുപോലെ മഹാപുരുഷ സംശയ ജ്ഞാനിയായ ഒരു സദ്ഗുരുവിന്റെ ദർശനം ഒരു മാർഗദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോ ഒരു ആശ്വാസം ഈ ജീവൻ ഇത് മൂന്നും വളരെ ദുർലഭമാണ് അപ്പം നമുക്ക് ഈ തത്വം നമ്മളെ ശവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യപാദന്മാർ ജ്ഞാനികൾ മഹാത്മാക്കൾ ഇവിടെ ആവിർഭവിക്കുന്നത് അതില് ആദിശങ്കര ഭഗവത്പാദൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ജനിച്ചു ഭാരതം മുഴുവൻ ഇപ്പോഴും അതിൻ്റെ മണം പേറിക്കൊണ്ട് നിൽക്കണം അനേകം ജ്ഞാനികൾ ഉണ്ടാവുമെങ്കിലും ചില ആചാര്യപുരുഷന്മാർ എല്ലാ കാലത്തിലേക്കും പ്രകാശിക്കും ശാശ്വതമായ ധർമ്മത്തിനെ ഉപദേശിക്കുന്നവർ ആചാര്യസ്വാമികൾ എട്ടാമത്തെ വയസ്സിൽ കേരളത്തുനിന്ന് ഗുരുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മള് അറുപതും എഴുപതും വയസ്സായാൽ പോലും ഇതിന് സമയമായിട്ടില്ല പറഞ്ഞിരിക്കുകയാണ് ഈ കുട്ടി എട്ടു വയസ്സ് കുട്ടി അപ്പൊ നമ്മൾ ഉടനെ പറയാം അദ്ദേഹം അവതാരപുരുഷൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ ഇതാണ് എളുപ്പ അദ്ദേഹത്തിനെ പറ്റിക്കാൻ അദ്ദേഹത്തിന് പറ്റിക്ക എട്ടുവയസ് കുട്ടി ഈ സത്യം അന്വേഷിച്ച് കേരളത്തിൽ നിന്നും മധ്യപ്രദേശ് വരെ പോയി മധ്യപ്രദേശില് ഓംകാരേശ്വർ വരെ പോയി ഓംകാരേശ്വരിൽ ഗോവിന്ദ ഭഗവത്പാദരെ കണ്ടു രണ്ടു വർഷം ഗോവിന്ദഭഗവത്പാദരുടെ കൂടെ താമസിച്ചു ഇപ്പൊ നമ്മള് ഓങ്കാരേശ്വറിൽ പോയാൽ ഓംകാരേശ്വര ക്ഷേത്രത്തിന്റെ ചുവട്ടല് ഗോവിന്ദ ഭഗവത്പാദ ഗുഹ എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെയാണെന്ന് പറയണോ അപ്പൊ ആർക്കും അറിയില്ല എത്രയോ വർഷങ്ങളായില്ലോ അതൊന്നും പ്രധാനമല്ല എന്തായാലും ഗോവിന്ദ ഭഗവത്പാദയുടെ കൂടെ രണ്ടു വർഷം താമസിച്ചു എന്നുവെച്ചാൽ ഏകദേശം പത്ത് വയസ്സിൽ കുറച്ചധികം പതിനൊന്നാമത്തെ വയസ്സില് കാശിയിലേക്ക് വന്നു കാശിയില് ഗംഗാ തീരത്ത് വന്നു ഈ ആത്മതത്വം അറിഞ്ഞ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്താ ഭാഗവതം പറയുന്നു ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് ഈ അനുഭവിച്ച ആനന്ദത്തിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്ക ആത്മാരാമാശ മുനയ നിർഗ്രന്ഥാപി ഉരുക്രമേ കുറുവി അഹൈതുക്കീം ഭക്തി ഇത് ഭൂതഗുണോഹരി ആത്മാരാമാശമുനയാ ആത്മാരാമന്മാരായി ഈ സത്യം കണ്ടെത്തി പരിപൂർത്തി നേടിയവരെ പോലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കഥയന്തശമാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച ഈ സത്യത്തിനെ വീണ്ടും വീണ്ടും തങ്ങൾ കണ്ടെത്തിയ ആ സത്യത്തിനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പറയണം ഒന്നും പുതിയതായിട്ടൊന്നും പറയാനില്ല പക്ഷെ വീണ്ടും വീണ്ടും ആ പറഞ്ഞത് തന്നെ പറയാനാണോ സുഖം പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനാണോ സുഖം ഇപ്പൊ ഈ പതിനൊന്നാമത്തെ വയസ്സിൽ ഈ സത്യം കണ്ടെത്തിയ ശങ്കരൻ ആത്മതത്വ നിശ്ചയമുണ്ടായ ശങ്കരൻ ഗംഗാതീരത്തിൽ വന്നു മണികർണിക ഘട്ടത്തിൽ ഒരിടത്ത് താമസമാക്കി ഇങ്ങനെയൊക്കെയാണ് കഥ അന്ന് കാശിയിലെ രാജാവ് അദ്ദേഹം സന്യാസിയാണല്ലോ പതിനൊന്ന് വയസ്സുള്ള സന്യാസി അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ട ഒരു ചെറിയ കുടീരമൊക്കെ നിർമ്മിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ കൂടെ മറ്റു ചില സന്യാസിമാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ തന്നെ ശിഷ്യന്മാരും ഗോവിന്ദ ഭഗവത് പാദരങ്ങനെയാ അത്ര പറഞ്ഞു വെച്ചത് ചെറിയ കുട്ടിയാണോ യജീവരനാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും ആ ശരീരത്തിനെ രക്ഷിക്കണം അതിനായിട്ട് കുറച്ച് വയസ്സുമൂത്ത സന്യാസിമാർ വൃദ്ധസന്യാസിമാർ ഗോവിന്ദ ഭഗവത് പാദരുടെ മറ്റു ചില ശിഷ്യന്മാരെയും കൂടെ പറഞ്ഞു അവരും കൂടെ വന്നിരുന്നു അപ്പൊ ഇവര് ദിവസം രാവിലെ ഗംഗയിൽ പോയി കുളിക്കും നമുക്ക് ഇന്നൊക്കെയാണല്ലോ യാത്രാ സൗകര്യങ്ങളും മറ്റുമൊക്കെ എന്നൊക്കെ നടന്ന് തന്നെ പോണം മധ്യപ്രദേശിലെ ഓംകാരേശ്വരൻ കാശിയിലേക്ക് നടന്നു വന്നു കാശിയിലും വന്നാൽ കാശി പണ്ഡിതന്മാരുടെ സ്ഥലമാണ് ധാരാളം പണ്ഡിതന്മാരുണ്ട് അവർ പലരും വാദിക്കാനുമൊക്കെ വരും അവരോടൊക്കെ ഉപനിഷത്ത് അർത്ഥം വേദാന്ത അർത്ഥം നിരൂപണം ചെയ്യും കാശിയിലേക്കാണ് എല്ലാവരും ബുദ്ധനും ആദ്യമായി വന്നത് കാശിയിലാണ് ശങ്കരനും ആദ്യമായി വന്നത് കാശിയിലാണ് കാശിയില് ഗംഗാസ്നാനം കഴിഞ്ഞു വന്നിരിക്കും ഒരു മരച്ചുവട്ടിലിരിക്കും ഉപനിഷത്തിന് അർത്ഥം പറയും ഓരോ ഉപനിഷത്തുകളായി അർത്ഥം പറയും ഇതായിരുന്നു സമ്പ്രദായം അപ്പൊ ദിവസം രാവിലെ ബ്രാഹ്മ ഗംഗയിൽ കുളിച്ചിട്ട് വരും ഉച്ചക്ക് പോയി കുളിച്ചിട്ട് വരും അങ്ങനെ ഒരു ദിവസം കുളിച്ചു വരികയാണ് ഗംഗയിൽ മധ്യാ സമയത്ത് ഉം ഈ തത്വനിശ്ചയം തത്വനിശ്ചയം എന്ന് വെച്ചാൽ എന്താ ഞാൻ ആരാണ് എന്നുള്ളത് തെളിഞ്ഞു ഞാൻ ഈ ശരീരമല്ല ഈ ശരീരം ജനിക്കുന്നു ശരീരം വളരുന്നു ശരീരം പരിണമിക്കുന്നു ശരീരം ക്ഷയിക്കുന്നു ഈ ശരീരം ഞാനല്ല മനസ് ഞാനല്ല മനസ്സെന്ന് വെച്ചാൽ എന്താ സങ്കല്പം വിചാരങ്ങൾ വികാരങ്ങൾ മനസ്സ് ഞാനല്ല ഇതിന് പുറകിലുള്ള ബുദ്ധി ഞാനല്ല പിന്നെ യഥാർത്ഥ ജ്ഞാൻ എന്താണ് നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ സത്യം അവബോധം ശിവം ഇത് നല്ലവണ്ണം വിചാരണം ചെയ്ത് വീണ്ടും വീണ്ടും ശ്രവിച്ചാൽ കുറച്ചു കുറച്ചായി തെളിഞ്ഞു കിട്ടും ഇത് തെളിഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ സംസാര ദുഃഖം എന്ന് പറയുന്നത് നീങ്ങുകയേ ഇല്ല ലോകം മുഴുവൻ എന്തു ചെയ്യും ശരീരമാണ് ശരീരമാണ് ശരീരമാണ് എല്ലാവരും അല്ലെ എല്ലാരും ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ശരീരം ഞാനാണെങ്കിൽ ദുഃഖം മാറിക്കിട്ടുകയേ ഇല്ല ശരീരത്തിനെ വെച്ചുകൊണ്ട് ഇവിടെ സൗഖ്യമായിട്ട് ആർക്കും ശാശ്വതമായി സൗഖ്യമായി ഇരിക്കാൻ സാധ്യമല്ല വ്യാധി വരാതിരിക്കാൻ പറ്റൂല നമ്മളുടെ ഇഷ്ടം പോലെ ശരീരത്തിനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല അപ്പൊ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്ത് തെളിയുമ്പോൾ ബോധം തെളിഞ്ഞു പ്രകാശിക്കുമ്പോൾ സച്ചിതാനന്ദം ശുദ്ധമായ അറിവ് ജ്ഞപ്തി അവബോധം ഉള്ളില് തെളിഞ്ഞു വരും തെളിഞ്ഞു വന്നാൽ പോലും ഒരുപാട് കണ്ടീഷനിങ്സ് അധ്യാസം നമ്മളുടെ മേലുണ്ട് അത് അത്ര പോവില്ല എത്രയൊക്കെ തന്നെ തള്ളി മാറ്റിയാലും വീണ്ടും വന്ന് കയറി പിടിക്കും ഇത് തള്ളിക്കൊണ്ടേയിരിക്കണം ചില കുളത്തിൽ മുഴുവൻ പായലായിരിക്കും പായൽ തള്ളി നീക്കിയിട്ട് വെള്ളത്തിൽ മുങ്ങും മുങ്ങി എണീക്കുമ്പോഴേക്കും തലയിൽ വന്ന് വീഴും പായൽ അതുപോലെ ലോകത്തില് ജീവിക്കുമ്പോ എത്ര നമ്മൾ തള്ളി മാറ്റിയാലും ഈ ലോകം വന്ന് മേലെ കയറി പിടിക്കും അനേക വിധത്തിലുള്ള അധ്യാസങ്ങൾ എന്ന് വെച്ചാൽ കണ്ടീഷണിങ്സ് ആയിരം ആയിരം ചങ്ങല പോലെ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മളുടെ ഫ്രീഡം നമ്മളുടെ മുക്തി സ്വാതന്ത്ര്യത്തിന് ഈ അധ്യാസ നിരാകരണമാണ് വേദാന്ത സമ്പ്രദായം ശരീരം ഞാൻ അല്ല എന്ന് വെറുതെ കൺവിൻസ് ആയാ പോരാ ശരീരം ഞാൻ എന്നുള്ളത് പല വിധത്തിലും വിൽ അഫേം ഇട്ടു അല്ല എന്ന് പറഞ്ഞാലും എങ്ങനെയാ ശരീരത്തിന്റെ ലക്ഷണങ്ങളൊക്കെ എന്റേതായിട്ട് കരുതുക അഭിമാനം ശരീര അഭിമാനം ശരീര ബോധം ആർക്കും ശരീര അഭിമാനം ശരീര ബോധം എന്നുള്ളത് സാധ്യമേ അല്ല ശരീരത്തിനും ബോധമില്ല അത് ജഡമാണ് ശരീര അഭിമാനം അഭിമാനം അത്ര പെട്ടെന്ന് പോകില്ലേ എന്തൊക്കെ ചെയ്താലും ഒരു വഴിക്ക് അല്ലെങ്കിൽ ഒരു വഴിക്ക് അത് വന്ന് പിടിക്കും നമ്മളെ നമ്മൾ പോട്ടെ ആചാര്യന്മാർക്ക് പോലും വരും എന്നാണ് അല്പസ്വല്പം അത് വരണൂന്നുള്ളത് അവരുടെ കുറവല്ല പക്ഷെ മായയുടെ ബലത്തിനെ കാണിക്ക പക്ഷെ അത് എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ട് ആനന്ദം ഉയർന്ന ജ്ഞാനസ്ഥിതിയിലിരിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുവട്ടിലിറങ്ങി വരും ആ ഇറങ്ങി വരുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം ഓഹ് അവരും ഇറങ്ങി വരണമല്ലോ അപ്പൊ നമ്മളുടെ ദൗർബല്യങ്ങളൊക്കെ നമുക്കൊന്നും കുഴപ്പമില്ലാന്ന് തോന്നും നമുക്ക് മേലോട്ട് പോവാൻ അതൊരാശ്വാസമാണ് ഉയർന്ന ജ്ഞാനസ്ഥിതിയിലിരിക്കുന്നവരും ഇടയ്ക്ക് ചുവട്ടിലേക്ക് ഇറങ്ങി വരും അവരും ചിലപ്പോ അവര് ഏത് സമൂഹത്തിൽ ജനിച്ചിരിക്കുന്നുവോ ആ സമൂഹത്തിന്റെ സ്വഭാവമൊക്കെ കുറച്ച് കാണിക്കും അതിന്റെ സ്വഭാവമൊക്കെ അവരിൽ കാണാം നമുക്ക് അതുകൊണ്ടാണ് ജ്ഞാനികളായാലും അവരും ഏത് വംശത്തിൽ ജനിച്ചിരിക്കണോ അതിനനുസരിച്ചൊക്കെ പലപ്പോഴും പെരുമാറും ഇവിടെ ആചാര്യസ്വാമികൾ കുളിച്ച് ഗംഗയിൽ നിന്ന് കുളിച്ചു വരണം അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ആ അവിദ്യ അജ്ഞാനം അതിനെ നീക്കാനായി സർവേശ്വരൻ തന്നെ എന്തെങ്കിലുമൊക്കെ മാർഗം സ്വീകരിക്കും അവിദ്യാശക്തി നീ ശരീരമാണ് ശരീരമാണ് അജ്ഞാനത്തിനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വിദ്യാശക്തി അജ്ഞാനത്തിനെ നീക്കിക്കൊണ്ടേയിരിക്കും അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് രണ്ടു പേര് വിദ്യ അവിദ്യാസ്വരൂപിണീനമാ ഒരേ ശക്തിയാണ് ചിശക്തി അതിൽ ഒന്ന് നമ്മളെ ജ്ഞാനത്തിനോട് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും ഒന്ന് അജ്ഞാനത്തിലേക്ക് വലിച്ചു ഈ ജ്ഞാനശക്തി വിദ്യാശക്തിയുടെ ആകർഷണ വലയത്തിൽ പെടുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ ജ്ഞാനം തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും ബലപ്പെട്ടു വരും അവിദ്യാശക്തിയുടെ പിടിയിൽ പെടുമ്പോ അജ്ഞാനം ബലപ്പെട്ടു വരും ഇപ്പൊ ആചാര്യസ്വാമികൾ ഒരു ദിവസം കുളിച്ച് ഗംഗയിൽ നിന്ന് കുളിച്ചു വരികയാണ് വരുമ്പോ കാശിയിലൊക്കെ ചെറിയ ചെറിയ ചെറിയ സന്തുകളാണ് ഇപ്പോഴും അതെ അപ്പോഴും അതെ വളരെ പഴയ പട്ടണമാണ് കാശി അതുകൊണ്ട് വലുതായിട്ട് മാറ്റം ഒന്നും വന്നിട്ടില്ല ഈ മാറ്റം വരുത്തലും വളരെ വിഷമാണ് ഇപ്പൊ തന്നെ നമുക്ക് ഗംഗയുടെ കരയിൽ കണ്ടാൽ വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ കരിങ്കല് കൊണ്ടുള്ള കെട്ടിടമാണ് അതുകൊണ്ട് ഇനി അത് പൊളിച്ചു മാറ്റാന്നുള്ളതും വിഷമാണ് ചെറിയ ചെറിയ സന്തുകളാണ് ിങ്കെല്ലാവർക്കെ ഒരു കാറ് പോകാൻ മുടിയത് അല്ലെയാ അപ്പോ ആചാര്യർ നടന്നു വരുന്നു കുളിച്ചു വരികയാണ് വരുമ്പോ നേരെ എതിരെ ഒരു ചണ്ടാളൻ നാല് നായ്ക്കളും കൂടെ വേണം നാല് നായ്ക്കളും ഒരു ചണ്ടാളൻ ചണ്ടാളൻ ശ്വപചൻ ശ്വപച്ചൻ എന്നാണ് പേര് ശ്വചൻ എന്ന് നായ ംസം കഴിക്കണ ആളെന്നർത്ഥം അയാള് ദൂരത്തുനിന്ന് വരുന്നു അന്നത്തെ കാലത്ത് ഇവരൊന്നും മറ്റുള്ളവർ നടക്കുന്ന തെരുവിലൂടെ നടക്കുക പോലും ഇല്ല പക്ഷെ ഇയാള് യാതൊരു കൂസലും ഇല്ലാതെ ഈ ചണ്ടാളൻ ഈ നാല് നായുമായിട്ട് തെരുവിലൂടെ നടന്നു വരുന്നു ആളുകൾ പല വശത്തേക്ക് ഓടുകയാണത് ആ വന്ന് തെരുവ് അശുദ്ധമാക്കി ആചാര്യർ വരുന്ന വഴിയിൽ തന്നെ നടന്നു വരുന്നു ഇയാളെ കണ്ട ഉടനെ മാർഗാതപസര എന്ന് പറഞ്ഞു ഗച്ഛരം ഗച്ഛ വഴിന്നു മാറൂ എന്ന് പറഞ്ഞത് വഴിന്ന് മാറി നിൽക്ക ദൂരം ഗച്ഛ അതാണ് ദേഹാഭിമാനം ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നു ദൂരം ഗച്ഛായിരുന്നു അപ്പൊ ഈ ചണ്ടാളൻ ആചാര്യസ്വാമികളോട് ചോദിക്കുകയാണ് ഉറക്കെ ചിരിച്ചു എത്രയത്തെ ചിരിച്ചുകൊണ്ട് ചോദിക്കുക ആരാ മാറേണ്ടത് വേദാന്ത സിദ്ധാന്തപ്രകാരം രണ്ടേ ഉള്ളു എന്താ ഒന്ന് ജഡം മറ്റേത് ചൈതന്യം ജഡം അനിത്യമാണ് അശുദ്ധമാണ് അതിന് ചേതനയില്ല അത് സ്വയമേവോ ചലിക്കില്ല ജഡത്തിന് ശുദ്ധിയുമില്ല ചലനവുമില്ല ജീവനില്ല അതിന് ആ ജഡമാണ് ശരീരം ഇതിനകത്ത് ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് ചേതന ചേതന സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സത്യം പി ചണ്ടാളൻ ചോദിച്ചു അന്നമയാദമേ ചൂരീകർത്തും ഹേ യതി ശ്രേഷ്ഠ രണ്ടു പാഠമുണ്ട് ചില ചിന്മയ മിഷൻ ബുക്കിലൊക്കെ ദ്വിജവര എന്നാണ് കേട്ടിരിക്കുന്നത് ഹേ ബ്രാഹ്മണ മറ്റേത് യതിവര സന്യാസി ദൂ ഗേത് ഈ പോകൂ പോകൂ എന്ന് പറ എങ്ങോട്ടാ പോണ്ടത് അന്നമയാതേവ അന്നമയം അന്നമയം എന്ന് വെച്ചാൽ ജഡം അന്നം കൊണ്ടോ ഉണ്ടായത് ശാപ്പാട് കൊണ്ടോണ്ടായത് ആ അന്നമയമായി ശരീരത്തിനെയാണോ മാറാൻ പറയണത് ചൈതന്യമേവ ചൈതന്യാ അഥവാ ആ ചൈതന്യത്തിനെ മാറാൻ പറയുന്നു അന്നമയമാണെങ്കിൽ ഏത് ശരീരമാ അന്നമയമല്ലാത്തത് അന്നമയം അല്ലാത്തൊരു ശരീരം പറയൂ ഇവിടെ പ്രപഞ്ചത്തിൽ സകലതും അന്നമയ ശരീരം എല്ലാമേ അന്നമയം അന്നമയം അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ഒക്കെ ജഡം പഞ്ചഭൂതാത്മകം ചൈതന്യമേവ ചൈതന്യ ചൈതന്യത്തിനെ ചൈതന്യത്തിലേ നിന്നും ആറാം പറയുന്നു എല്ലാം ചൈതന്യം ശുദ്ധമാണ് നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമാണ് അനോമയമായ ശരീരമോ അനിത്യമാണ് അശുദ്ധമാണ് ജഡമാണ് ഇപ്പൊ ഏതിനെയാ മാറാൻ പറയണത് ചൈതന്യമേവ ചൈതന്യാ ദൂരീകർത്തും വഞ്ചസി കിം ബ്രൂഹി ഗച്ഛഗേതി പറയൂ എന്താപ്പോ പോകൂ പോകൂ പോകൂ എന്ന് പറയണു എങ്ങോട്ടാ പോകേണ്ടത് ആരാ മാറേണ്ടത് ജഡഭരതൻ ഭാഗവതത്തിൽ പറഞ്ഞു രഹുഗണനോട് ഞാൻ വഹിക്കണില്ല ഞാൻ ചലിക്കണില്ല ഈ വഹിക്കുന്ന ശരീരം ഞാനല്ല ചലിക്കുന്ന ശരീരം ഞാനല്ല ഇപ്പൊ ആരെയാ അന്ന് ഇപ്പൊ ചീത്ത പറഞ്ഞത് ചോദിച്ചു അതുപോലെ ഇവിടെ ഈ ചണ്ടാളം ചോദിക്കുകയാണ് ആരാണ് ഇപ്പൊ മാറേണ്ടത് ആദ്യത്തെ ശ്ലോകം ഒരു ചെറിയ ശ്ലോകം അതിന് ഒന്നുകൂടെ വികസിച്ചു വികസിപ്പിച്ചു ഇത്രയും പറഞ്ഞപ്പോ തന്നെ ആചാര്യസ്വാമികൾ അല്പം ഒന്ന് ചിന്തിച്ചു അപ്പൊ ദൃഷ്ടി ദേഹത്തിൽ നിന്നും ആത്മാവിലേക്ക് നിലച്ചു ഈ സത്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള സകല അനുഭവങ്ങളും ഈ സത്യത്തിനെ പഠിപ്പിക്കും അതാണ് പതുക്കെ ദൃഷ്ടി സ്വരൂപത്തില് നിലച്ചു അടുത്ത ശ്ലോകം അല്പം കൂടെ ഗംഭീരമാണ് ഗംഗാബുനി ബിംബിതേ അംബരമണോ ചണ്ടാണവാ അന്തരമസ്തി കാഞ്ചനഘടി മൃത്പിണ്ടയോർവാം പ്രത്യഗ് വസ്തുനിസ്തരംഗ സഹജാനന്ദ അവബോധം ബുധോ വിപ്രോയം ശ്വപചോയം ആ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ നാളെ പറയാം എവിടെയായി ഭ്രമം ചണ്ടാളൻ ചോദിക്കുന്നത് ഈ അജ്ഞാനം അങ്ങക്ക് എവിടുന്ന് വന്നു ഈ അവിദ്യ അങ്ങക്ക് എവിടുന്നു വന്നു സാക്ഷാത് ശ്രീ വിശ്വനാഥൻ ചണ്ടാളനായിട്ട് വന്നു എന്നാണ് കഥ ആചാര്യസ്വാമികൾ അല്പമൊന്ന് സത്യത്തിൽ നിന്ന് ചലിച്ചപ്പോ അത് ബോധിപ്പിക്കാം ഗുരുവിന്റെ ലക്ഷണമാണല്ലോ നമ്മൾ വിശ്വനാഥൻ എന്ന് പറഞ്ഞാലും മറ്റുമൊക്കെ ഈ കഥ തന്നെ ചിലപ്പോൾ കള്ളമായിരിക്കാം അറിയില്ല നമ്മുടെ ആളുകൾ കഥ ഉണ്ടാക്കാൻ മന്നന്മാരാണ് കാരണം ഈ ശ്ലോകം മനീഷാ പഞ്ചകം എന്ന് പറയുന്ന അഞ്ച് ശ്ലോകത്തില് ഈ കഥയ്ക്ക് വേണ്ട ഒരു സൂചനയും ഇല്ല ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും ഈ ആത്മതത്വം അറിഞ്ഞ ആൾ എൻ്റെ ഗുരുവാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പ ആർക്ക് വേണമെങ്കിൽ പറയാം ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും ആരാണോ ഈ സത്യം കണ്ടെത്തിയത് അദ്ദേഹം എന്റെ ഗുരുവാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോ ഇതിനെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ കഥയും ആയിരിക്കാം നമ്മൾക്ക് പോലും അറിയാത്ത കഥകൾ നമ്മളെ കുറിച്ച് തന്നെ ആളുകൾ ഉണ്ടാക്കി നമ്മളുടെ മുമ്പിലേ പറയും അങ്ങനത്തെ ആളുകളാണ് നമ്മുടെ ആളുകൾ ഉം അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഉം ഞാൻ തന്നെ ഒരിക്കലും ഒരിടത്തെ പ്രഭാഷണത്തിന് പോയപ്പോ ഇൻട്രഡക്ഷൻ എന്നെ ഒരാൾ അപ്പൊ എന്താ പറയാൻ പോണമെന്ന് ഇതൊക്കെ ഒരു തലയിൽ എടുത്താണ് അപ്പൊ അദ്ദേഹം ഇൻട്രഡ്യൂസ് ചെയ്തു എന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് പോലും അറിയാത്ത ഒരുപാട് കഥകൾ അത് കഴിഞ്ഞപ്പോ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കും കുറച്ചു പറഞ്ഞു തരും ഇനിയിപ്പെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം എന്നെക്കുറിച്ചുള്ള കഥകൾ അപ്പൊ ജീവിച്ചിരിക്കുമ്പോ നമ്മളുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് പോലും അറിയാത്ത കഥകൾ പറയാമെങ്കിൽ പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ട് എന്തൊക്കെ കഥ തന്നെ പറഞ്ഞുകൂടാം അപ്പൊ മഹാത്മാക്കളെ കുറിച്ചും ആചാര്യ പുരുഷന്മാരെ കുറിച്ചും ഒരുപാട് കഥകളുണ്ട് എന്തായാലും ആ കഥയൊക്കെ അവിടെ നമുക്കൊരു ഒരു പശ്ചാത്തലം അത്രേ ഉള്ളൂ ഈ സത്യത്തിനെ അവതരിപ്പി ഇങ്ങനെ സംഭവിച്ചുകൂടായുകയും ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഏത് ബ്രഹ്മനിഷ്ഠനും ജ്ഞാനിയും ആ ജ്ഞാനം ഉറയ്ക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം സത്യം ഉള്ളിൽ തെളിഞ്ഞു കിട്ടും പിന്നെ അത് വ്യവഹാരത്തിൽ ഉറച്ചു കിട്ടണം വ്യവഹാരത്തിൽ വരുമ്പോ എല്ലാത്തിലും ആ സത്യമാണ് ഉള്ളത് സർവം ബ്രഹ്മമയം എന്നുള്ള അനുഭൂതി ദൃഢമാവാൻ കുറെ കാലം പിടിക്കും ചിലപ്പോ പതുക്കെ പതുക്കെ മറന്നു പോകും വീണ്ടും ഓർമ്മിപ്പിക്കുക മറന്നു പോകും വീണ്ടും ഓർമ്മിപ്പിക്കാം ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഓർത്ത് ഓർത്ത് ഓരോ വസ്തുവിലും ആ ചൈതന്യത്തിനെ കണ്ട് കണ്ട് കണ്ട് മനസ്സിനെ സമനില പഠിപ്പിക്കാം രാഗ രാഗദ്വേഷങ്ങള് നീക്കുക ശാന്തി ഉണ്ടാക്കിയെടുക്കുക ഇത് ചിലപ്പോൾ കുറെ വൈകും അത് എല്ലാവർക്കും ശങ്കരാചാര്യർക്ക് തന്നെ അതാണ് പ്രക്രിയ എങ്കിൽ പിന്നെ നമുക്കൊന്നും ആചാര്യസ്വാമികൾക്ക് തന്നെ അതാണ് പ്രക്രിയ എങ്കിൽ നമുക്കൊക്കെ വഴി കാണിച്ചു തരികയാണ് വളരെ കുറച്ചുപേരേ ഉള്ളൂ ഒറ്റയടിക്ക് മുകളിൽ പോയി ഇരുന്നവരും ചോട്ടിലേക്കേ ഇറങ്ങാതെ നിന്നവരും ബാക്കി അധികം പേർക്കും പതുക്കെ പതുക്കെ പതുക്കെ ഉള്ള മാർഗമാണ് ചലിക്കും ചലിച്ചാൽ വീണ്ടും ഓർക്കാം മറന്നു പോവും മറന്നു പോയാൽ വീണ്ടും ഓർക്കാം പതുക്കെ പതുക്കെ സമനില പരിശീലിക്കാം ഈ ശ്ലോകം ഈ കഥയെ തന്നെ ആചാര്യസ്വാമികളുടെ മേലെ പൈചാരാനായിട്ട് ഉപയോഗിക്കും ശങ്കരാചാര്യർക്ക് ജാതി ചിന്ത വ്യവഹാര മണ്ഡലത്തിൽ അന്നത്തെ കാലത്ത് നിയമമുണ്ടോ ആ നിയമത്തിനെ ആശ്രയിച്ച് ജ്ഞാനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളു അന്നത്തെ കാലത്ത് ഒരു കഥ അത്രയേ ഉള്ളൂ ജാതി മതം ഇതൊക്കെ ഇപ്പൊ ഇല്ലാതാക്കിയോ നമ്മള് എല്ലാം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ സാധിച്ചു അതും സാധിക്കില്ല കാരണം ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ഭേദം നീങ്ങുകയേ ഇല്ല വ്യവഹാര മണ്ഡലത്തിൽ ഭേദം ഇല്ലെങ്കി എങ്ങനെ വ്യവഹരിക്കും പറയും എല്ലാരും ഒരേ പോലെ എല്ലാവർക്കും ഒരേ ഷേപ്പ് ഒരേ കളർ ഒന്നാമത് ബോറടിക്കും അല്ലേ എല്ലാവർക്കും ഒരേ സ്വഭാവം ഇപ്പൊ ഞാൻ പറയണ പോലെ തന്നെ നിങ്ങളും പറയുന്ന വെച്ചാൽ എന്ത് പ്രഭാഷണം നടത്തും എല്ലാവർക്കും ഒരേ തൊഴിൽ വ്യവഹാരത്തിൽ എല്ലാം ഒരേ പോലെ അതുകൊണ്ടാണ് ഈശ്വരൻ എല്ലാം വേറെ വേറെ വേറെ സൃഷ്ടിച്ചിരിക്കുന്നത് സമത്വം ലോകത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല സമത്വം ആത്മദർശനത്തിലാണ് ഇതിനെ തന്നെ ഇപ്പൊ എല്ലാവരും ജാതി മതവും ഒക്കെ മാറണമൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ എത്ര ആളുകൾ വന്ന് ഇവിടെ റീഫോർമേഷൻ നടത്തിക്കഴിഞ്ഞു എത്ര അവതാര പുരുഷന്മാര് വന്നു എന്നിട്ട് ലോകം അതുപോലെ തന്നെ ഇവിടെ ഒരു ഭേദമല്ലെങ്കിൽ മറ്റൊരു ഭേദം വ്യവഹാരത്തിൽ ലോകത്തിലുണ്ടാവും ജാതി ഒക്കെ എടുത്തു കളഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം വെടിവെച്ചു കൊല്ലും ചെയ്യണില്ലേ പണക്കാരൻ ദരിദ്രൻ എന്നുള്ള ഭാവം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഭേദം അപ്പൊ ഈ ശ്ലോകമോ ഈ വേദാന്തത്തിന്റെ ഈ തത്വമോ ഒന്നും സമൂഹത്തിന് വേണ്ടിയല്ല വ്യക്തികൾക്ക് വേണ്ടിയാണ് ഒരു വ്യക്തിക്ക് അറിയാം അല്ലാതെ സമൂഹത്തിലൊക്കെ മാറ്റിമറിക്കാൻ ഒന്നുമല്ല ഇവിടെ എല്ലാ നിയമവും ഒരേപോലെ തന്നെ ബ്രഹ്മതത്വം ഒഴിച്ച് ബാക്കിയുള്ള നിയമം ഒന്നും പെർഫെക്റ്റ് അല്ല എല്ലാത്തിനും നല്ലതും ഉണ്ട് ചീത്തയോണ്ട് അപ്പോ ഇവിടെ വ്യക്തിക്ക് സത്യമറിയാനാണ് വ്യക്തിക്ക് സത്യം അറിഞ്ഞാലും സമൂഹത്തിലെ എന്തൊക്കെ വേഷമുണ്ടോ അതിനനുസരിച്ച് വേഷം കിട്ടി ജീവിക്കാം പക്ഷേ ഈ സത്യം അറിഞ്ഞോളണം സത്യ ഉള്ളിൽ അറിഞ്ഞോളണം ശരീരം ഞാനല്ല എന്നിലും മാത്രമല്ല മറ്റുള്ളവരിലും എല്ലാവരും ആ ആത്മവസ്തുവാണ് ഭഗവാന്റെ സ്വരൂപമാണ് ഭഗവാനല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കലാണ് ഇതാണ് ശ്രുതിയുടെ ഉപനിഷത്തിന്റെ പരമലക്ഷ്യം അതിന് നാല് മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ ഈ നാല് മഹാവാക്യങ്ങളുടെയും അർത്ഥം വ്യാഖ്യാനിക്കുന്നതാണ് ആദ്യത്തെ നാല് ശ്ലോകം അവസാനത്തെ ശ്ലോകം ആനന്ദസ്ഥിതിയെ കാണിക്കുന്നതാണ് നാല് മഹാവാക്യങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ച് ആനന്ദസ്ഥിതിയെ ആനന്ദ സ്വരൂപാനന്ദലക്ഷണം അതാണ് അവസാനത്തെ അഞ്ചാമത്തെ ശ്ലോകം ഈ മനീഷ പഞ്ചകം മനീഷ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം ഓരോ ശ്ലോകത്തിലും അവസാനം ഏഷാ മനീഷാ മമ ഇത് എന്റെ ഉറപ്പുള്ള അനുഭവമാണ് എന്ന് ആചാര്യസ്വാമികൾ പറയും അതുകൊണ്ട് ഇതിന് മനീഷാ പഞ്ചകം എന്ന് പേര് ഇത് ചണ്ടാള രൂപിയായിട്ട് വന്നിട്ടുള്ള ശിവനോട് പറഞ്ഞു എന്നാണ് കഥ ആ ചണ്ടാളൻ ചോദിക്കുന്നതാണ് ആ ശ്ലോകം ഈ ശ്ലോകം ഒന്നും മൂല ഗ്രന്ഥത്തിലില്ല ഇപ്പൊ പറഞ്ഞുവല്ലോ അന്നമയാ ദേവ അന്നമയം അല്ലെങ്കിൽ കിങ് ഗംഗാബുനി ബിംബിതേ അംബരമണവും ഈ ശ്ലോകമൊക്കെ ശങ്കരാചാര്യസ്വാമികളുടെ കഥ എഴുതിയവരെഴുതിയതാണ് കഥകളിലുള്ളതാണ് ആചാര്യസ്വാമികളുടെ കൃതി എന്ന് പറയുന്നത് ഈ അഞ്ച് ശ്ലോകമേ ഉള്ളൂ അതിലൊന്നും ഇങ്ങനെ എന്റെ മുമ്പിൽ ഒരു വന്നു ആ ചണ്ടാളൻ എന്നോട് ചോദിച്ചു എന്നൊന്നും ആചാര്യസ്വാമികൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല അതൊക്കെ കഥകൾ എഴുതിയവരെഴുതിയതാണ് പക്ഷെ മൂലശ്ലോകം ഈ അഞ്ചെണ്ണമേ ഉള്ളൂ അതായത് നാളെ നമ്മൾ പറയാൻ പോകുന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു എന്നു മുതൽ ഉള്ള അഞ്ച് ശ്ലോകങ്ങൾ ആ അഞ്ച് ശ്ലോകങ്ങളിൽ ഈ പറയുന്ന തത്വം അറിഞ്ഞവൻ ചണ്ടാളനായിരിക്കട്ടെ ബ്രാഹ്മണനായിരിക്കട്ടെ എനിക്ക് ഗുരുവാണ് ഗുരുസ്ഥാനത്തിന് അർഹനാണ് നമ്മള് ഒരാളുടെ ജാതിയോ അല്ലെങ്കിൽ അയാളുടെ പഠിപ്പോ നോക്കിയിട്ടല്ല ബ്രഹ്മവിദ്യയ്ക്ക് സമീപിക്കേണ്ടത് ഈ സത്യം കണ്ടെത്തിയിട്ടുണ്ടോ അനുഭൂതി അയാൾക്കുണ്ടോ സാക്ഷാത്കാരമുള്ള ആളാണെങ്കിൽ എങ്ങനെയുള്ള ആളാണെങ്കിലും പോയി നമസ്കരിക്കാം ബോംബെയിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു നിസർഗത്ത മഹാരാജ് അദ്ദേഹത്തിന്റെ ജോലി വീടി തിരക്കലായിരുന്നു ഇന്നലെ ചണ്ടാളന്റെ മറ്റേ ധർമ്മവ്യാധന്റെ കഥ പറഞ്ഞ പോലെ വീടിതിരക്കണതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് സദ്ഗുരുവിന്റെ ദർശനവും ഉണ്ടായി ജ്ഞാനോ ഉണ്ടായി അപ്പൊ എനിക്കറിയുന്ന ചിലരെയൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞുവെക്കാമായിരുന്നു ഒരാളോട് എനിക്കറിയുന്ന ഒരാള് അദ്ദേഹമേ ഒരു ജ്ഞാനിയാണ് അദ്ദേഹം ചിലരെ പറഞ്ഞു വെച്ചു ബോംബെയിൽ പോയി നിസർഗദത്താ മഹാരാജിനെ കണ്ടിട്ട് വരാം ചെന്ന് കണ്ടിട്ട് വന്നവര് പറഞ്ഞു അയ്യേ ഇദ്ദേഹത്തിനെ പോയി ജ്ഞാനിന്ന് പറയണമല്ലോ അദ്ദേഹം ബീഡി ഉണ്ടാക്കി കൊണ്ടിരിക്കണു അപ്പൊ തിരിച്ചു വന്നപ്പോ ഈ പറഞ്ഞയച്ച ആള് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ജ്ഞാനിയെ കണ്ടിട്ട് വരാൻ പറഞ്ഞ മെനക്കെട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇത്ര ദൂരം പോയിട്ട് ബീഡിയെ കണ്ടിട്ട് വന്നിരിക്കണല്ലോ അതിവിടെ തന്നെ കാണാ ീഡിതെരയ്ക്കണവനാവട്ടെ ചണ്ടാളനാവട്ടെ ഉം യോഗവാസ ഇഷ്ടത്തിൽ വസിഷ്ഠൻ രാമനോട് പറയണു ചണ്ടാളത്തെരുവിൽ പോയിട്ടാണെങ്കിലും ജ്ഞാനം കിട്ടുമെങ്കിൽ പോയി നിൽക്കുകയാ വളരെയധികം പഠിച്ച് അറിവുള്ള ആളാണെങ്കിൽ പോലും അജ്ഞാനിയാണെങ്കിൽ പ്രയോജനപ്പെടില്ല കയ്യിൽ ഭിക്ഷാപാത്രം ഏന്തി ചണ്ടാളത്തെരുവിലാണെങ്കിലും പോയി നിൽക്കുമെന്നാണ് ഈ സത്യം കിട്ടുമെങ്കിൽ അല്ലാതെ ചണ്ടാളൻ ഇല്ല ബ്രാഹ്മണൻ ഇല്ല വ്യവഹാരത്തിൽ ലോകത്തിൽ എല്ലാവരും ഒന്നാവണം എന്നൊന്നും പറഞ്ഞാൽ ഒന്നും നടക്കില്ല വ്യക്തിക്ക് സത്യം കണ്ടെത്താനാണ് അവിടെ പറയുന്നത് നമ്മൾ സമൂഹം നന്നാക്കാനേ ഇല്ല സമൂഹത്തിലെ എല്ലാ ഭേദവും എന്ത് ഭേദവും വെച്ചുകൊണ്ടിരുന്നോട്ടെ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ വ്യക്തികൾക്ക് സത്യം കണ്ടെത്തണമെങ്കിൽ എവിടുന്നാണെങ്കിലും അന്ത്യജാതപി തദ്ദൃ മനു തന്നെ പറയുന്നു എത്ര അന്ത്യജനാണെങ്കിലും ശരി ഈ സത്യം കണ്ടെത്തിയവനാണോ പോയി വീണ് നമസ്കരിച്ചു ചോദിക്ക പറഞ്ഞു തരാൻ പറയാ കേൾക്കാം കാരണം വളരെ ദുർലഭമാണ് രത്നം ചാണകത്തിൽ കിടക്കണമെന്ന് പറഞ്ഞ് എടുക്കാതിരിക്കോ പോഴിയില് മൂക്കുത്തി എങ്കേയാ ചാണകത്തിലെ വെഴുന്ദതിന് എടുക്കാമെ ഒരുപ്പളാ ചാക്കടയില വഴിന്താ ചാക്കടയെല്ലാം വിഴുന്നെടുത്ത് നമ്മൾ മൂക്കുത്തി വേണ്ട ചൊല്ല രത്നം എവിടെ വീണുവെങ്കിലും എടുക്കും അതുപോലെ ജ്ഞാനം എവിടുന്ന് കിട്ടുകയാണെങ്കിലും ആ വ്യക്തി എങ്ങനെയോ ഇരിക്കട്ടെ ഏത് ജാതിയിലോ ഏത് വർണ്ണത്തിലോ ഏത് ആശ്രമത്തിലോ സ്ത്രീയോ പുരുഷനോ ആ സത്യം സ്വീകരിക്കും ഇതാണ് മനീഷാപഞ്ചകത്തിന്റെ മെസ്സേജ് സന്ദേശം ചണ്ടാളോസ്തു സതുദ്ജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമാ ശങ്കരനെ പോലെ ഉള്ള ആചാര്യന്മാരും ഇവിടെ ഉണ്ട് ചണ്ടാളനെ പോലെയുള്ള ആചാര്യന്മാരുമുണ്ട് ഇവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും ഈ സത്യത്തിനെ സ്വീകരിക്കാം അറിഞ്ഞ് അനുഭവിക്കാം അത് ദൃഢമാക്കാനാണ് ഈ മനീഷാ പഞ്ചകം പഞ്ചകം എന്ന് വെച്ചാൽ അഞ്ച് ശ്ലോകം ഓരോ ശ്ലോകവും ഓരോ മഹാവാക്യത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുകയാണ് ഒരു ദിവസം ഒരു ശ്ലോകം നമുക്ക് ഏഴു ദിവസം ഇനി ആറ് ദിവസമുണ്ട് ഈ ആറ് ദിവസത്തിൽ ഇനി ആറ് ഉണ്ട് ആദ്യത്തെ ചണ്ടാളന്റെ ചോദ്യവും പിന്നാചാര്യസ്വാമികളുടെ മറുപടിയും അത് നമ്മൾ നാളെ മുതൽ കാണാം ഓ യോ മമാത്മാഭവസിത്വമേവ് തോന്നം മമ കിഞ്ചിസ്തിയതേഷ്ടുരുവാ തത്മനം ഭമ